ർപ്പണ ദൃശ്യമാനഗരീതുല്യം കാണപ്പെടുന്ന വിശ്വം വിശ്വം എന്നുള്ള വാക്കിന് തന്നെ അർത്ഥം പ്രപഞ്ചം ആചാര്യസ്വാമികൾ വിഷ്ണു സഹസ്രനാമ ഭാഷ്യത്തിൽ ആദ്യത്തെ നാമം വിശ്വം എന്നുള്ളതിനർത്ഥം പറയുമ്പോൾ വിശ് എന്നുള്ള ധാതു വിശ് പ്രവേശനത്ത് പ്രവേശിക്കതാ എന്നുള്ള അർത്ഥമാണ് വിഷ് എന്നുള്ളതിന് പ്രവേശനം എന്നുള്ളത് അതിൽ നിന്നാണ് വന്നത് തത്സൃഷ്ടുപ്രാവിശത് ഈ പ്രപഞ്ചരൂപത്തിൽ ഭഗവാൻ തന്നെ പ്രവേശിച്ചിരിക്കുക എങ്ങനെ എന്നുവെച്ചാൽ സ്വപ്നം കാണുന്നു സ്വപ്നം കാണുമ്പോ നിങ്ങളെയൊക്കെ ഞാൻ സ്വപ്നം കാണുകയാണ് പ്രഭാഷണം ചെയ്യുന്നതായിട്ട് സ്വപ്നം കാണുന്നു ഇവിടെ എന്റെ മുമ്പിലെ ഒരു നൂറുപേര് ഇരിക്കുന്നുണ്ട് ഞാൻ ഒരു വശത്തിരിക്കുന്നു ഈ ഹാള് മൈക്ക് ഇതൊക്കെ ഇതൊക്കെ സ്വപ്നത്തിലും ഇതേപോലെ ഉണ്ട് ഇതിലൊക്കെ വാസ്തവത്തിൽ ആരാണ് ഉള്ളത് ഒരേ ഒരു സാമഗ്രിയേ ഉള്ളൂ സ്വപ്നത്തിന് ഞാൻ ആ റൂമിന്റെ ഉള്ളിൽ ഞാൻ ആകുന്ന ഒരു സാമഗ്രിയേ ഉള്ളൂ എന്നിട്ട് ഇത്രയും പേരെ കാണുന്നു ഇവരെയൊക്കെ സൃഷ്ടിച്ചിട്ട് അവരോരോരുത്തരും റിയാക്ഷനൊക്കെ ഞാൻ കാണുന്നു ചിലർ ചിരിക്കുന്നു ചിലര് രസിക്കുന്നു ചിലർ നിശ്ചലമായിട്ടിരിക്കുന്നു ഇവരിലൊക്കെ ആരും പ്രവേശിച്ചു അവരെയൊക്കെ സൃഷ്ടിച്ചിട്ട് ഞാൻ തന്നെ നിങ്ങളിൽ ഓരോരുത്തരിലും പ്രവേശിച്ചിട്ട് എന്റെ മുമ്പിലിരിക്കുകയാണ് സ്വപ്നത്തിൽ മുഴുവൻ ഞാൻ തന്നെ പ്രവേശിച്ചിരിക്കുന്നു സ്വപ്നത്തിന്റെ ജീവൻ ഉറങ്ങുന്നവനായ ഞാനാണ് എന്നിലാണ് സ്വപ്നം നടക്കുന്നത് സ്വപ്നത്തിലെ ഓരോ കഥാപാത്രവും ഞാനാണ് ഞാനല്ലാതെ അവിടെ മറ്റൊരു സാമഗ്രിയിലേപോലെ ഈ വിശ്വം തന്നിൽ നിന്ന് തന്നെ പൊന്തിച്ചുകൊണ്ടുവന്ന് താൻ തന്നെ അതിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് വിശ്വം എന്ന അർത്ഥം എന്ന പേര് ർപ്പണ ദൃശ്യമാന നഗരീ തുല്യം ദർപ്പണം എന്നുവെച്ചാൽ കണ്ണാടിൽ കണ്ണാടിയിൽ ദൃശ്യമാനം കാണപ്പെടുന്നതായ നഗരി ഒരു നഗരം നഗരി നഗരം എന്നൊക്കെ പറയാൻ കാരണം പരന്ന് കാണപ്പെടുന്നതുകൊണ്ട് നമ്മളുടെ ലോകം എന്ന് വെച്ചാൽ ഉടനെ ഓർമ്മ വരുന്നത് അതാണല്ലോ അനേകം വീടുകളും അനേകം മനുഷ്യരും അപ്പൊ ഒരു കണ്ണാടിയിൽ കാണപ്പെടുന്ന നഗരം പോലെ ദർപ്പണ ദൃശ്യമാണ് നഗരീതുല്യം നിജ അന്തർഗതം പശ്യന്ന് അന്തർഗതമായിട്ടുള്ളതിനെ ബഹിരിവ പുറത്തെന്ന പോലെ ഉള്ളിലുള്ള വാസനയുടെ പ്രൊജക്ഷനാണ് പുറത്തെന്ന പോലെ കാണപ്പെടുന്നു നിജാന്തർഗതം പശ്യന്ന് ഇതൊക്കെ എവിടെയാ കാണപ്പെടുന്നത് ആത്മനി സ്വരൂപത്തിൽ ആത്മനി പശ്യന്ന് ഒരേ ഒരു ബോധകേന്ദ്രത്തിലാണ് ഈ കാണലും കാണപ്പെടുന്ന കാഴ്ചയും ഒക്കെ ഉണ്ടാവുന്നത് അപ്പൊ ഇങ്ങനെയൊരു കാഴ്ച ശുദ്ധമായ പ്രജ്ഞയില് ബോധത്തില് ചൈതന്യത്തില് ഈ കാണുന്നവൻ കാണപ്പെടുന്ന വസ്തുവൊക്കെ എവിടുന്ന് വന്നു സ്വപ്നം എവിടുന്ന് വന്നു നല്ല കാരണവും പറയാൻ പറ്റുമോ സ്വപ്നം കാണാനായിട്ട് വിചിത്ര വിചിത്രമായ സ്വപ്നം അല്ലെ നമ്മളിതൊന്നും ശ്രദ്ധിക്കുന്നില്ല നമുക്ക് മൂന്ന് അവസ്ഥകളുണ്ട് ജാഗ്രത സ്വപ്നം സുഷുപ്തി ദ പവർ ഓഫ് വേക്കിംഗ് സ്റ്റേറ്റ് ഈസ് സോ ഓവർ പവറിംഗ് നമ്മളുടെ ജാഗ്രത അവസ്ഥ എന്ന് പറയുന്നത് വളരെ പ്രബലമായി നമ്മളെ പിടിച്ചിരിക്കണതുകൊണ്ട് സ്വപ്നവും സുഷുപ്തിയും നമ്മൾ ശ്രദ്ധിക്കണേല ശ്രദ്ധ മുഴുവൻ താ ജാഗ്രത അവസ്ഥ ഒക്കെ കാണുന്നു നിങ്ങളെയൊക്കെ ഞാൻ കാണുന്നുവല്ലോ ശരീരം ഉണ്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട് ബാലൻസ് തെറ്റിപ്പോയിരിക്കുന്നു ഏതെങ്കിലും ഒരു അവസ്ഥയ്ക്ക് ഓവർ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ ബാലൻസ് തെറ്റി അതുകൊണ്ടാണ് ഋഷികൾ നമുക്ക് സ്വപ്നം കാണാനായിട്ട് ധാരാളം കഥകൾ ഉണ്ടാക്കിയത് ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ജാഗ്രതന്ന് പതുക്കെ യു ഹാവ് ടു ബി ബാലൻസ് മസ്റ്റ് ബി ക്രിയേറ്റ് ജാഗ്രതത്തിലൊക്കെ കോൺക്രീറ്റ് ആണ് ലോജിക് റീസൺ യുക്തി ഒക്കെ ബലം വലം അതിനെ ഒന്ന് പൊട്ടിക്കാനാണ് വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിലുമൊക്കെയുള്ള കഥകളും യോഗവൈഭവങ്ങളും ഒക്കെ പുരാണങ്ങളിൽ കഥകളായിട്ട് നിറച്ചുവെച്ചിരിക്കുന്നത് എന്താ ഒരു ബാലൻസ് വരുത്തണം ഈ ജാഗ്രതാവസ്ഥ പോലെ തന്നെ ഡ്രീം സ്റ്റേറ്റ് സ്വപ്നാവസ്ഥ അതിനപ്പുറം ഒരു അവസ്ഥ സുഷുപ്തിയും തരണശരീരത്തിന്റെ അവസ്ഥ സ്വപ്നവും ജാഗ്രതും ഒരു വ്യത്യാസവും ഇല്ലായെന്നാണ് സ്വപ്നം കാണുന്ന പോലെ തന്നെ ജാഗ്രത യഥാ നിദ്രയാ നിദ്രയാ സമയത്ത് ഉറങ്ങിക്കിടക്കുന്ന ഒരാൾ ഒരു ആയിരം പേരെ കാണുന്നു ഈ ആയിരം പേരെവിടുന്ന് വന്നു അവർക്കൊക്കെ നിൽക്കാൻ സ്ഥലം എവിടെ എല്ലാവരും എന്നിൽ തന്നെ നിൽക്കുന്നു എന്നിൽ തന്നെ ഉദ്ഭവിച്ചു എന്നിൽ തന്നെ ഇല്ലാതാവുകയും ചെയ്യും ഞാനാകുന്ന ഒരേ സാമഗ്രിയെ വെച്ചുകൊണ്ട് ആയിരം ആളുകൾ അതിലൊരു ഞാനും അതിൽ വേറെ ഒരു ഞാനും അപ്പൊ ഒന്നുമില്ലാത്ത സ്ഥലത്ത് ഇന്ദ്രജാലം എന്ന പോലെ മായൊക്കെ പൊന്തിച്ചുകൊണ്ടുവരുന്നു അപ്പൊ ഈ പ്രപഞ്ചം മായോ കൊണ്ട് ഉദ്ഭവിച്ചതാണ് മായോ കൊണ്ട് പൊന്തി വന്നതാണെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരുമ്പോ അതിനൊരു ഉദാഹരണം വരെയാണ് ആചാര്യസ്വാമികൾ അടുത്ത ശ്ലോകത്തിൽ പിന്നെ ഓർത്തോളം മായയെ സിദ്ധാന്തിക്കൽ ലക്ഷ്യമേ അല്ല ആദ്യം അത് പറഞ്ഞിട്ട് വേണം വിഷയത്തിലേക്ക് പോവാൻ െ സിദ്ധാന്തിക്കൽ ഒരു എക്സ്പ്ലനേഷൻ മാത്രമാണ് മായയെ സിദ്ധാന്തിക്കുന്നത് എന്തിനാ ഇന്നലെ പറഞ്ഞത് ഓർമ്മ വേണം നമ്മളുടെ ശ്രദ്ധ അറ്റൻഷൻ നമുക്ക് ഒരേ ഒരു പവറേ ഉള്ളൂ അറ്റൻഷൻ ശ്രദ്ധ ഋഷികൾ പറയണത് നമുക്ക് ഒരേ ഒരു കരണമേ ഉള്ളൂ ശ്രദ്ധ എന്നുള്ള കാരണം ആ ശ്രദ്ധ എന്നുള്ള കാരണമാവട്ടെ അഗ്നിയിൽ നിന്നും വരുന്ന സ്പുലിംഗം പോലെ ഫ്ലെയിം പോലെ കിരണം പോലെ ആത്മാവിന്റെ ഒരു കിരണമാണ് ഈ ശ്രദ്ധാശക്തി ആ ശ്രദ്ധാശക്തി അഡൾട്ടറേറ്റഡായി അജ്ഞാനം കൊണ്ട് അശുദ്ധപ്പെട്ടിട്ടാണ് അത് ബുദ്ധിയായിട്ടും മനസ്സായിട്ടും ഇന്ദ്രിയങ്ങളായിട്ടും ഒക്കെ അനേക കാരണങ്ങളായിട്ടും മാറി നമ്മളെ ആകപ്പാട് വിഷമത്തിലാക്കിയിരിക്കുന്നത് ഇപ്പോ നമുക്ക് ധ്യാനം സാധന ഒക്കെ എന്തിനാ പതുക്കെ പതുക്കെ ഇന്ദ്രിയങ്ങളൊക്കെ മനസ്സിലും എച്ചേത് വാങ് മനസിപ്രാജ്ഞ ആ മനസ് ക്രമേണ ശ്രദ്ധാശക്തിയായി ഉരുത്തിരിയണം അതാണ് ചിത്തശുദ്ധി ചിത്തശുദ്ധി എന്ന് പറയുന്നത് മനസ്സ് ശുദ്ധമാവും തോറും മനസ്സ് മനസ്സല്ലാതെ മാറി മാറി ശ്രദ്ധയായിട്ട് മാറും ശ്രദ്ധ കൊണ്ട് എന്തു പ്രയോജനം ശ്രദ്ധയാ ശ്രദ്ധ ശ്രദ്ധാവാൻ ലഭത ജ്ഞാനം ശ്രദ്ധയുണ്ടായാൽ ശ്രദ്ധാശക്തി സ്വരൂപത്തിന് ഗ്രഹിക്കും അകമയ്ക്ക് അന്തര്യാമിയായിട്ട് പ്രകാശിക്കുന്ന ഭഗവാനെ അറിയണമെങ്കിൽ ശ്രദ്ധാശക്തി ഉണരണം അപ്പൊ ശ്രദ്ധ അതിനാ അപ്പൊ നമ്മളുടെ ശ്രദ്ധയെ ആത്മാവിന് നേരെ സ്വരൂപത്തിന് നേരെ തിരിക്കുന്നതിന് പകരം ഇറ്റ് ഈസ് ഓൾവേസ് ബീങ് സക്ഡ് ബൈ എക്സ്റ്റേണൽ തിങ്സ് ലോകം അല്ലെങ്കിൽ ശരീരം ഒന്ന് കണക്കിട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ജീവിതത്തിൽ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം എനർജിയും ഈ ശരീരത്തിനെ മെയിന്റയിൻ ചെയ്യുന്നതിലും അതിന്റെ സൌഖ്യത്തിലും അതിനെ ആലോചിക്കുന്നതിലും അതിനെക്കുറിച്ചുള്ള ടെൻഷനും അതിനെക്കുറിച്ചുള്ള പേടിയും അതിൽ തന്നെ നമ്മളുടെ എനർജി പോയിക്കൊണ്ടേയിരിക്കുന്നു ഇത് കണ്ടതുകൊണ്ടാണ് ഋഷികൾ അതിനെ നിരോധം ചെയ്യാനായിട്ട് പല വഴികളും പറഞ്ഞു ഒരു വഴി എല്ലാം ഭഗവാന് വിട്ടുകൊടുക്കും ഏയ് ഞങ്ങൾ ഭഗവാനൊന്നും അത്ര കണ്ട് വിശ്വാസം പറയുന്ന മായ ഇതൊന്നും വാസ്തവമല്ല അതിന് ശ്രദ്ധ പതിപ്പിക്കരുത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ശ്രദ്ധയെ അവിടുന്ന് എടുക്കലാണ് അതാണ് ആദ്യത്തെ ശ്ലോകത്തിൽ ഈ വിശ്വം കണ്ണാടിയിൽ കാണുന്ന പോലെയാണ് ഇറ്റ് ഈസ് വിത്ത് യു നിങ്ങളുടെ ഉള്ളിലുള്ള വാസനാപടലം പുറമേക്ക് പ്രതിബിംബിച്ച് കാണപ്പെടുന്നതാണ് ഈ പ്രപഞ്ചം അനിർവചനീയമായൊരു വൈഭവം ഇന്ദ്രജാലം അന്തർഗതം അപ്പൊ അകമേക്ക് തിരിക്കുക ഈ ഇന്ദ്രജാലം പോലെയുള്ള ഈ വിശ്വം ഈ പ്രപഞ്ചം എവിടുന്നു പൊന്തി അടുത്ത ശ്ലോകം അതിനാണ് ബീജസാന്തരിവാുരോ ജഗദിതം പ്രാങ്ർവിൽപ്പം പുനഃ മായാൽകാലകലനൈചിത്ര ചിത്രീകൃതം മായാവീവ വിജൃംഭയത്യ മഹായോഗീവയസ്വേച്ഛച്ഛയാ തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമയിദം ശ്രീ ദക്ഷിണാമൂർത്തയേ ദക്ഷിണാമൂർത്തിക്കായിക്കൊണ്ട് നമസ്കാരം ബീജസ് അന്ത അങ്കുര ഇവ ചെറിയ വിത്ത് അതും ആലിന്റെ വിത്തെടുത്താൽ വളരെ ചെറിയ ഒരു വിത്ത് ഒരു വടവൃക്ഷത്തിന്റെ വിത്തെടുക്കുകയാണെങ്കിൽ വളരെ ചെറിയ വിത്ത് സാധാരണ പക്ഷി തിന്നിട്ട് കാഷ്ടിച്ചിട്ടാണ് ഈ ആല് പലപ്പോഴും മുളയ്ക്കുക അതുകൊണ്ടാണ് വീട്ടിന്റെ മതിലും അമ്പലത്തിന്റെ മതിലും കിണറ്റിന്റെ വക്കിലും ഒക്കെ മുളയ്ക്കും ഇത്രയും കൊച്ച് വിത്തിൽ മുള അങ്കുരം ആ വിത്തിൽ നിന്ന് അങ്കുരം വരും അങ്കുരം വന്നു കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ ചെടിയായിട്ട് മുളയ്ക്കും പിന്നെ മരമാവും അത് വലിയ ശാഖോപശാഖകളായിട്ട് വളരും അതിൽ ആയിരക്കണക്കിന് വിത്തുകളുണ്ടാവും അതിലൊരു വിത്തെടുത്ത് കുഴിച്ചിട്ടാൽ ഇതേപോലെ ഒരു വൃക്ഷം മുളയ്ക്കും ആ വൃക്ഷത്തിൽ ആയിരക്കണക്കിന് വിത്തുകളുണ്ടാവും അതിലൊരു വിത്തെടുത്ത് കുഴിച്ചിട്ടാൽ ഇതേപോലെ വൃക്ഷം മുളയ്ക്കും പവർ ഡിക്രീസിങ്ങേ ഇല്ല ആയിരം പരമ്പര കഴിഞ്ഞിട്ട് അതിൽ നിന്നൊരു വിത്തെടുത്ത് കുഴിച്ചിട്ടാൽ ആദ്യത്തെ വൃക്ഷത്തിന്റെ അത്രയും പവറോടുകൂടി ഒരു വൃക്ഷം മുളയ്ക്കും ഒരു വിത്തിന്റെ ഉള്ളിൽ ഇത്രയും പരമ്പരകൾ ഉണ്ടാക്കാനുള്ള പവറുണ്ട് ആ വിത്ത് വിത്തിൽ നിന്നും ഇത്രയും വലിയ വൃക്ഷം വരുന്ന പോലെ ബീജസ് അന്തരിവാങ്കുരോ ജഗതിദം പ്രാങ് നിർവികൽപ്പം പുനാ മായകൽപിത ദേശകാല കലനാ വൈചിത്രി ചിത്രീകൃതം ഈ വിത്ത് എടുത്ത് നോക്കിയാൽ ഈ ഇത്ര വലിയ വൃക്ഷമുണ്ടെന്നേ പറയാൻ പറ്റ സാന്ദർഭികമായിട്ടൊരു ചെറിയ ഒരു അനക്കഡോട്ട് രമണാശ്രമത്തിന് തിരുവണാമുലയില് സമുദ്രം ഏരി എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ലേക്ക് പോലെ ഒരു സ്ഥലമുണ്ട് അവര് ഏരിയെന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടില് ധാരാളം ജലശേഖരത്തോടുകൂടെ നമുക്കിവിടെ കേരളത്തിൽ അതിന്റെ ആവശ്യം വരുന്നില്ല അവിടെയൊക്കെ വേണമെന്ന് ഉണ്ടാക്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും വെള്ളം ശേഖരിക്കാനായിട്ട് ഈ ഏരിക്ക് സമുദ്രം എന്ന് പേര് വരാൻ കാരണം സമുദ്രം ലേക്ക് അതിന് പേര് വരാൻ കാരണം തന്നെ ആ നാട്ടിലുള്ള ഒരു നാട്ടുരാജാവ് തന്നെ രാജ്ഞിക്ക് സമുദ്രം കാണിച്ചു കൊടുക്കണം എന്നാണ് അപ്പൊ രാജ്ഞിക്ക് ദൂരത്തെ എവിടെയും പോകാൻ വയ്യാത്തതുകൊണ്ട് അവർ പുറത്തൊന്നും കൂട്ടിക്കൊണ്ടു പോകില്ല യാത്ര അപ്പൊ അവർക്ക് വേണ്ടി ഏകദേശം ഒന്ന് ഊഹിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ അത്ര വലുതാണ് ഞങ്ങളൊക്കെ താമസിക്കുന്നതിന്റെ കുറച്ചടുത്താണ് ആ സ്ഥലം അവിടെ മഴ പെയ്ത് നല്ല മഴ പെയ്ത് കഴിയുമ്പോൾ അതെങ്ങനെ ഫുള്ളായിട്ടിരിക്കും വെള്ളം നിറഞ്ഞിരിക്കുമ്പോ ഒരിക്കൽ മഹർഷിയും കുറെ ഭക്തന്മാരുമായിട്ട് അത് കാണാനായിട്ട് പോയി മഹർഷിയുടെ ആദ്യകാല ജീവിതമൊക്കെ നോക്കുമ്പോൾ വളരെ ആനന്ദമായിരിക്കും എന്താണെന്ന് വെച്ചാൽ വളരെ ഫ്രീ ആണ് ഒരു എൻഗേജ്മെന്റും ഇല്ല ഒന്നുമില്ല ഒരു പത്തിരുപത് പേരുണ്ടാവും കൂടെ അത്രയേ ഉള്ളൂ അത് അധികം ഇവരൊക്കെ കള് കുഞ്ചുസ്വാമി പഴയ കഥകളൊക്കെ ഞങ്ങളോട് പറയുമ്പോൾ നമുക്കൊക്കെ കൊതി തോന്നും ഒന്നുമില്ല എന്തെങ്കിലും ഒരു നേരം ഭിക്ഷ എടുത്തിട്ട് കഴിക്കും കഴിച്ചു കഴിഞ്ഞാൽ ശ്ലോകങ്ങളും കഥകളും പറഞ്ഞ് രസിക്കലും ഭിക്ഷെടുക്കാൻ പോകല് അല്ലെങ്കിൽ മലയിൽ ചുറ്റി നടക്കല് വേറെ ഒന്നുമില്ല നോ എക്സ്റ്റേണൽ എൻഗേജ്മെന്റ് ആ അനുഭവിച്ച ആ ജ്ഞാനത്തിന് സിസ്റ്റം മുഴുവൻ അസിമുലേറ്റ് ചെയ്യാനായിട്ട് അബ്സലൂട്ട് ആക്ടിവിറ്റി ലെസ്നെസ് ആണ് എൻഗേജ്മെന്റ് ലെസ്നെസ് ആക്ടിവിറ്റി സ്വതന്ത്രമായി എന്ത് ചെയ്യാം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോ എല്ലാരും കൂടെ കാണാൻ പോകും ഇങ്ങനെ പോകുമ്പോ പോകുന്ന വഴിയിലെ ഒരു ആശ്ചര്യം അതിപ്പോഴും ഉണ്ടോ എന്ന് തോന്നുന്നുണ്ട് ഒരു പന പനമരം പനയുടെ പൊത്തില ഒരു കിളി ആലിന്റെ വിത്ത് കാഷ്ടിച്ചു പനയുടെ ഒരു ചെറിയൊരു ദ്വാരം അതിനകത്ത് ഒരു ആലിന്റെ വിത്ത് വീണു എന്നിട്ട് ആ പനയുടെ ദ്വാരത്ത് കൂടെ ആലുമരം മുളച്ചു പൊന്തി അതിനകത്ത് മണ്ണു വലുതും ഉണ്ടായിട്ടുണ്ടാവും എന്നിട്ട് ആ പനയെ മുഴുവൻ തന്റെ ഉള്ളിലാക്കി ആൽമരം മുളച്ചു പൊന്തി നിൽക്കുന്നുണ്ട് അതിനിടയിൽ പന ഇങ്ങനെ കാണാവും ഇത് കാണിച്ചു കൊടുത്തിട്ട് രമണ ഭഗവാൻ രണ്ടുദാഹരണവും പറഞ്ഞു ഇതുപോലെയാണ് അജ്ഞാനികളുടെ ഉള്ളിൽ വാസനാ ബീജം വീണാൽ ആ വാസനാ ബീജം ഇങ്ങനെ ആലും മുളയ്ക്കുന്ന പോലെ ഈ പനയെ മുഴുവൻ മുളച്ചുപിടിച്ച പോലെ ഈ മനസ്സ് നമ്മളുടെ ഉള്ളിൽ പൊന്തിയിട്ട് നമ്മളെ മുഴുവൻ കെട്ടി വരിഞ്ഞു നിർത്തിയിരിക്കുന്നത് ഇതുപോലെയാണ് അതേപോലെ ഗുരു കൃപ ഒരു വിത്തായിട്ട് ഉള്ളിൽ വീണാലും ഈ മനസ്സിൽ വീണാൽ അതും ജ്ഞാനമാകുന്ന വൃക്ഷമായിട്ട് മുളച്ചു പൊന്തി അനുഭൂതിയായിട്ട് വളരും ഒരു വിത്ത് വീണ് കഴിഞ്ഞാൽ ഈ പനയുടെ ഉള്ളിൽ വീണ വിത്ത് ആലുവരമായിട്ട് മുളച്ച പോലെ ഈ കൊച്ചു ജീവശരീരത്തിനുള്ള സൂക്ഷ്മശരീരത്തിലും ഈ ജ്ഞാനത്തിന്റെ വിത്ത് വീണ് കഴിഞ്ഞാൽ അത് അനുഭൂതിയായിട്ട് മുളയ്ക്കും ആ വിത്ത് വിത്തിന്റെ ഉള്ളിൽ വലിയ വൃക്ഷ അടങ്ങിയിരിക്കുന്നു ബീജസ് അന്ത അങ്കുരഹ ഒരു ബീജത്തിന്റെ ഉള്ളിൽ അങ്കുരം പൊന്തി വന്ന് വലിയ വൃക്ഷം പൊന്തി അതേപോലെ ഈ കാണപ്പെടുന്ന പ്രപഞ്ചം പ്രപഞ്ചം എങ്ങനെയാ കാണുന്നത് ശരീരത്തിലൂടെ കണ്ണ് ചെവി മൂക്ക് നാവ് ത്വക്ക് ഇതൊക്കെ വെച്ചുകൊണ്ടാണ് കാണുന്നത് ശബ്ദസ്പർശ രൂപരസഗന്ഥങ്ങളായിട്ട് ഈ കാണപ്പെടുന്ന പ്രപഞ്ചം മുഴുവൻ പ്രാങ് പ്രാങ് എന്ന് വെച്ചാൽ പണ്ട് എന്നർത്ഥം പണ്ട് എന്ന് വെച്ചാലോ സൃഷ്ടി ആരംഭത്തിന് മുമ്പ് നിർവികൽപ്പം ആത്മാവാദമ ആത്മാവ് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് സൃഷ്ടി ആരംഭത്തിൽ നിശ്ചലത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിർവികൽപ്പം ആ നിർവികൽപമായി സ്ഥിതിയിൽ നിന്നും പിന്നെ എന്തോ ഉണ്ടായി പുനഃ പശ്ചാത്ത് വൈചിത്രിയ ചിത്രീയകൃതം ടൈം സ്പേസ് ഒക്കെയായിട്ട് വിചിത്രമായി പൊന്തി വന്നു ഈ പ്രപഞ്ചം ഈ വിത്തിന്റെ ഉള്ളിൽ നിന്നും വൃക്ഷം പൊന്തി വരുന്ന പോലെ എങ്ങനെ പൊന്തി ആര് പൊന്തിച്ചുകൊണ്ടുവന്നു മായാവീവ വിജൃംഭയതി അഭി മഹായോഗീവയസ്വേച്ഛയ ഒരു മായാവി ലോകമൊക്കെ ഉണ്ടാക്കും ചിലപ്പോ അതേപോലെ യോഗി ചില യോഗികൾ വിശ്വാമിത്രൻ ത്രിശങ്കുവിന് വേണ്ടി ഒരു തൃശങ്കു സ്വർഗം സൃഷ്ടിച്ചു ചില യോഗികളൊക്കെ അവരുടെ മുമ്പിൽ ലോകത്തിനെയൊക്കെ കാണിക്കും ഇല്ലാത്തതൊക്കെ കാണിക്കും അവര് ഇന്ദ്രജാലൊക്കെ കാണിക്കും മാജിക് കാണിക്കും തിരുവനന്തപുരത്ത് പട്ടണത്തില് വെച്ച് രാജാവിന്റെ കാലത്ത് വളരെ പ്രസിദ്ധനായ ഒരു ഇന്ദ്രജാലക്കാരൻ ദേവാസുര യുദ്ധം കാണിച്ചു പട്ടണത്ത് വെച്ച് ആ ഗണപതിയുടെ മുമ്പിൽ വെച്ച് ഒന്നുമില്ല ആളുകളൊക്കെ കൂടിയ പട്ടണ പട്ടണ സ്ഥലത്ത് വെച്ച് ആകാശത്തിൽ ദേവാസുര യുദ്ധം വാളും പരിചകളും ഒക്കെ കൂട്ടിമുട്ടലും തലയില്ലാത്ത കബന്ധങ്ങൾ ചോട്ടൽ വിഴലും രക്തം ഉഴലും ഇതൊക്കെ കണ്ട് ആളുകൾ തെക്കോട്ടും എടക്കോട്ടും ഓടി കയ്യും കാലുമൊക്കെ മുറിച്ചു ഉള്ള ചാലിലൊക്കെ ഒന്നുമില്ലാത്ത സ്ഥലത്ത് ഇന്ദ്രജാല പ്രകടനം എന്തൊക്കെയോ കാണിക്ക ഇപ്പോഴും മജീഷ്യൻസ് പലതും കാണിക്കുന്നുണ്ട് ഈയിടെ എവിടെയോ കണ്ടു ഒരു ആനയെ മറച്ചു പത്രത്തില് എല്ലാവരുടെ മുമ്പിൽ വെച്ചൊരു ആനയെ ഇല്ലാതാക്ക തമിഴിൽ ചൊല്ലോ മുഴു പൂഷണിക്കായ ചോത്തില മറയ്ക്കരുത് ചെല്ലും മുഴു പൂഷണിക്കായ മറച്ചുള്ള ആനയെ എവിടെ മറക്കരുത് തെറിയില്ല കൺകെട്ട് വിദ്യ അല്ലേ ഇന്ദ്രജാലം കാര് എല്ലാത്തിനെയും മുമ്പിലില്ലാത്തതൊക്കെ കാണിക്കുന്ന പോലെ മായാവിദ്യ കാണിക്കുന്ന പോലെ ഏതോ ഒരു അനിർവചനീയ ശക്തി ഈ പ്രപഞ്ചത്തിനെ മുമ്പിൽ പൊന്തിച്ചുകൊണ്ടുവരുന്നു മായാവീവ വിജംഭയത്യഭി മഹായോഗീവയ സ്വേച്ഛ എന്തിന് എന്തിനെന്ന് ചോദിക്കാൻ പാടില്ല സ്വേച്ഛയാ എന്തിന് എങ്ങനെ എപ്പോ ഇതൊക്കെ ടൈം സ്പേസ് വെച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യനാണ് എവിടെ രണ്ടു പേരിരിക്കണോ അത്ര അപ്പൊ ദീപാവളിക്ക് അവിടെ പടക്കം പൊട്ടിക്കാണ് അപ്പൊ ഒരാൾ പറഞ്ഞു ഇത് എന്തോ പുകയണോ എന്ന് പടക്കം പൊട്ടിച്ചു എന്ന് കേട്ടോട്ടെ എന്തോ പോകേണം ഇപ്പൊ മറ്റേയാളെ ചോദിച്ചു എവിടെ പോകേണു ഒരാൾക്ക് ചെവിയും കേൾക്കാൻ വയ്യ ഒരാൾക്ക് കണ്ണും കാണാൻ വയ്യ ഇവിടെ നോക്കുക ഒരാൾക്ക് എവിടെ എന്നുള്ള ചോദ്യം കണ്ണിന്റെ ചോദ്യമാണ് ഇവിടെ എന്ന് കാണിച്ചു കൊടുക്കണമെങ്കിൽ കണ്ണു വേണം ജവിക്കൂ അതെ അതെന്താണ് എന്ന് ഗ്രഹിക്കണമെങ്കിൽ ശബ്ദത്തിനും എവിടെ എന്നുള്ള ചോദ്യത്തിനും പ്രസക്തിയുണ്ട് ഈ തമാശ ഒരാൾ പറഞ്ഞതാണ് ഇത് പറഞ്ഞപ്പോ തന്നെ എനിക്കതിൽ വലിയൊരു ഇൻസൈറ്റോ ഉണ്ടായത് എവിടെ എങ്ങനെ ഏത് ഇതൊക്കെ ഇന്ദ്രിയങ്ങളെ ചോദിക്കുള്ളൂ ഈ ചോദ്യങ്ങളൊക്കെ ഇന്ദ്രിയവേദ്യമായ ചോദ്യങ്ങളാകണം എന്തൊക്കെ ഒരേ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ ഇന്ദ്രിയങ്ങളെ ഉപയോഗിക്കാത്ത ഒരു ചോദ്യം ആർക്ക് ഈ അനുഭവം ആർക്കും ഉണ്ടായി ഈ പ്രപഞ്ചത്തിന് ആര് കാണുന്നു ഈ ഇന്ദ്രജാലത്തിന് ആര് കാണുന്നു ഞാൻ കാണുന്നു ഈ കാണുന്ന ഞാൻ ആര് ഈ ഞാൻ എന്താണ് ഇന്ദ്രജാലം പോലെ വിശ്വം പൊന്തിച്ചുകൊണ്ടുവന്നു മായാവി പോലെ യോഗി പോലെ പൊന്തിച്ചു കൊണ്ടുവന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ വിശ്വത്തിനെ കാണുന്നത് ആരാണ് നമ്മുടെ മഹർഷിയോട് ഒരു ഭക്തൻ ചോദിച്ചു ഭഗവാൻ ഈ ലോകം എന്തിനെ സൃഷ്ടിച്ചു അപ്പോ ഭഗവാൻ പറഞ്ഞ സോ ദാറ്റ് യു വിൽ ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ ലോകം സൃഷ്ടിച്ചത് എന്തിനാന്ന് വെച്ചാൽ നീ ഈ ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് എന്തിനാന്ന് ചോദിക്കുന്നതിന് പകരം ഈ ലോകത്തിനെ ആര് കാണുന്നു ചോദിക്കും ഞാൻ കാണുന്നു ഈ കാണുന്നത് ഞാൻ ആരാണ് അനിർവചനീയം എന്നുള്ളത് കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് ദാറ്റ് വിച്ച് ഈസ് ഇൻഡിഫൈനബിൾ നിർവചിക്കാൻ കഴിയാത്ത നിർവചിക്കാൻ കഴിയാത്തതിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ സ്വപ്നത്തിനെ മനസ്സിലാക്കാൻ പറ്റുമോ ആദ്യം നിർവികൽപ്പമായിരുന്നു പിന്നെ ഒക്കെ പൊന്തി വന്നു എന്ന് പറഞ്ഞു നമുക്ക് ദിവസമുള്ള അനുഭവമാണേ രാത്രി ഉറങ്ങാൻ പോകുമ്പോ ഒക്കെ നിർവികൽപ്പമായി ഒന്നുമില്ല സുഷുപ്തി അവസ്ഥയിൽ ലോകമെവിടെ ശരീരം എവിടെ ടൈം എവിടെ സ്പേസ് എവിടെ കൊച്ചിയിലുള്ള ഉറക്കത്തിനും കോഴിക്കോട്ടിലുള്ള ഉറക്കത്തിനും വല്ല വ്യത്യാസമുണ്ടോ ഉറങ്ങിക്കഴിഞ്ഞാൽ ഉറങ്ങുന്നത് വേറെ എനിക്ക് പാലക്കാട്ടിൽ കിടന്നാലേ ഉറക്കം വരുകയുള്ളൂ എന്ന് പറയാം ഉറങ്ങിക്കഴിഞ്ഞാലോ പാലക്കാട് ഉറക്കം കൊച്ചിയിലുറക്കം ഗ്രേഡേഷനൊന്നുമില്ല മനസ്സ് ലൈറ്റ് കഴിഞ്ഞു രണ്ടു സ്ഥലത്തോ തുല്യം ടൈമില്ല സ്പേസും ഇല്ല എത്ര സമയം ഒന്നും അറിയില്ല മനസ്സ് പൊന്തി കഴിഞ്ഞാൽ ഇത്രയും നേരം ഞാൻ ഉറങ്ങിയോ ടൈം ഓ ഇവിടെയാ സ്പേസ് രണ്ടും പൊന്തി